കഴിഞ്ഞ പല നാളുകളായിട്ട് ക്രിസ്ത്യ ജീവിതത്തിലെ പല അടിസ്ഥാനങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവസഭയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായ പല കാര്യങ്ങൾ നാം ഇന്ന് ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയായിരുന്നു ഈ പ്രാവശ്യത്തെ ബാംഗ്ലൂർ കോൺഫറൻസിലൊരു പുതിയ പുസ്തകം അവിടെ പ്രകാശിപ്പിക്കുകയുണ്ടായി സന്തോഷ് പൂനൻ എഴുതിയ അപുസ്തകത്തിൻ്റെ പേര് ക്ലബ് കോൺഗ്രഗേഷൻ ആൻഡ് ദി ചേർച്ച് എന്നാണ് അപ്പം യഥാർത്ഥത്തിലുള്ള ദൈവസഭ എന്താണ് പലപ്പോഴും ഒരു ക്ലബ് പോലെ അല്ലെങ്കിൽ ഒരു വലിയ ആൾക്കൂട്ടം പോലെ ഒരു കോൺഗ്രഗേഷൻ പോലെ മുമ്പോട്ട് പോകുന്നതാണ് നമ്മുടെ ചുറ്റിനും പലപ്പോഴും കാണാറുള്ളത് നമ്മളിന്ന് ഇപ്പോൾ ഒരു ലയൻസ് ക്ലബ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്ലബ് ആ ക്ലബ്ബിൽ ഒരേ സോഷ്യൽ സ്റ്റേറ്റസിലുള്ള ഒരേ തരത്തിലുള്ള ആളുകളാണ് ആ ക്ലബിലുള്ളത് നാം ഒരു ഉദാഹരണമായിട്ട് ഈ ഭാഷ ക്ലബിനെ കുറിച്ച് അവിടെയും ഒരു തരത്തിലുള്ള ആളുകളാണ് എന്നാൽ ദൈവസഭയിൽ നമ്മൾ വരുമ്പോൾ ദൈവസഭയിൽ പലതരത്തിലുള്ള ആളുകളാണ് പലതരത്തിലുള്ള ആളുകളെയാണ് ദൈവം ഒന്നായിട്ട് ഒരു ശരീരമായിട്ട് കൂടി ചേർ ചേർത്ത് കൊണ്ടുവരുന്നത് അപ്പൊ ഈ പല തരത്തിലുള്ള ആളുകൾ അവരൊന്നായി ചേർന്ന് ദൈവസഭയായിട്ട് പണിയപ്പെടണമെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം നാം ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അതിനുവേണ്ടി മനസ്സ് വച്ചാലേ പറ്റുകയുള്ളു അപ്പൊ നമുക്കെല്ലാം നമുക്ക് നമ്മെ പോലെ നമ്മൾ തികച്ചു വ്യത്യസ്തരായ ആളുകൾ അവരെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത് അവരെ എങ്ങനെയാ സ്നേഹിക്കുന്നത് അവരെ എങ്ങനെയാ കരുതുന്നത് എന്നാൽ ദൈവസഭയിൽ നാം അങ്ങനെ നമ്മുടെ ഐഡൻറ്റിറ്റി നമ്മുടെ സ്വന്തമായ കാഴ്ചപ്പാട് നമ്മുടെ സ്വന്തമായ ഒരു നിലപ്പിനെ നാം വിട്ടുകളയുമ്പോഴാണ് നമുക്ക് സഭയായി നമുക്കൊന്നായി ചേർന്ന് മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നത് നാം ഇന്ന് രീതിയിൽ നമ്മുടെ യുവചനം കേൾക്കുകയർ നമ്മൾ റോമാല മീൻ യോഹനാൻ്റെ സുശേഷം പന്ത്രണ്ടാം നാം വായിക്കുന്നു ഗോതമ്പമണി അത് നിലത്ത് വീണ ചാകുന്നില്ല അത് ചത്തു ചത്തുവെങ്കിലും വളരെ ഫലം കൊടുക്കും പലപ്പോഴും ഇന്ന് ആൾക്കൂട്ടത്തിൽ തനിയേ ആൾക്കൂട്ടത്തിൽ തനിയേ എന്ന് പറഞ്ഞൊരു പ്രയോഗമുണ്ട് എന്ന് പറഞ്ഞതുപോലെ പലപ്പോഴും ദൈവസഭയിൽ സഭയിൽ വരുന്നുണ്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് മീറ്റിങ്ങിന് വരുന്നുണ്ട് മീറ്റിംഗ് മുടക്കുന്നില്ല പക്ഷേ ആൾക്കൂട്ടത്തിൽ തനിയേ എന്നതുപോലെ ഈ ഒരു ഒറ്റ ഗോതമ്പ് പണി പോലെ ഇരിക്കുകയാണ് നമ്മൾ പലർക്കും ഒരു ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഗോതമ്പ് പണിയും ഒരു ഗോതമ്പിൻ്റെ അപ്പവും തമ്മിലെന്താ വ്യത്യാസം ഗോതമ്പ് മണി എന്ന് പറഞ്ഞാൽ അത് കണ്ട മനോഹരമാണ് അതിന് നല്ല ഒരു കളറുണ്ട് ഒരു ഗോൾഡൻ കളറുണ്ട് അത് നല്ല തൊട്ടാൽ നല്ല കട്ടിയായിരിക്കും അതങ്ങനെ ഇരിക്കും അതൊരു ഗോതമ്പ് മണിയായിട്ട് അവിടെ വെച്ചാൽ അത് ഗോതമ്പത്ത് മണിയായിട്ടിരിക്കും പക്ഷെ നമുക്ക് എല്ലാവർക്കും ഗോതമ്പ് മണി കാണാൻ രസമാണെങ്കിലും നമുക്ക് കഴിക്കണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യം വേണമെങ്കിൽ നമുക്ക് ചപ്പാത്തി വേണം അപ്പോൾ ഈ ചപ്പാത്തി ഗോതമ്പ് മണി ചപ്പാത്തിയാകുന്ന പ്രോസസ് ആണ് യഥാർത്ഥത്തിൽ ദൈവസഭയിൽ നടക്കുന്നത് ഗോതമ്പ് മണി ചപ്പാത്തിയാകണമെങ്കിൽ ഗോതമ്പ് മണി അതെന്തു ചെയ്യണം അതിനെ പൊടിയാനായിട്ട് അത് അനുവദിക്കണം മറ്റ് ഗോതമ്പ് തനിക്ക് തന്നിൽ നിന്ന് വ്യത്യാസമായ മറ്റ് ഗോതമ്പ് ചേരുവാനായിട്ട് അത് അനുവദിക്കണം അങ്ങനെ ഞാൻ പൊടിയാനും ഞാൻ മറ്റ് ഗോതമ്പ് ചേരാനും തുടങ്ങുമ്പോൾ അങ്ങനെ ചേർന്നിട്ടാണ് ഞാൻ ഒരു അപ്പമായിട്ട് ഞാൻ മാറുന്നത് ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത് അങ്ങനെയാണ് നാം ഇതുവരെ നാം കേട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ദൈവഭവനത്തിലേക്ക് വ്യക്തിപരമായിട്ട് ഉള്ള ഒരു ഒരു മടക്കമാണ് നമുക്ക് വേണ്ടത് നമ്മൾ എല്ലാവരും തന്നെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളോരോരുത്തരും യേശുവിനെ ആ രീതിയിൽ വ്യക്തിപരമായി രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ച് യേശുവിൻ്റെ സ്നേഹം ഒരു നിങ്ങളിൽ ആരെങ്കിലും ആ ഭവനത്തിൽ പിതാവിൻ്റെ സന്തോഷം അനുഭവിച്ച ശേഷം നമ്മൾ ലൂക്കോസ് പതിനഞ്ചാം അധ്യായത്തിൽ നിന്ന് നാം വായിച്ചതുപോലെ അവിടെ അവൻ പറഞ്ഞു ഇളയവൻ അപ്പനോട് ചെന്ന് അപ്പ പതിനഞ്ചാം അധ്യായം എനിക്ക് വസ്തുവിൽ എനിക്ക് വരേണ്ടതിന് പങ്ക് തരണമേ എന്ന് പറഞ്ഞു അവൻ ഏറെ നാൾ മുമ്പേ ഇളയ മകൻ സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി അവിടെ അവൻ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ദുർ നടപ്പുകാരനായി ജീവിച്ചു വസ്തു നാനാവിധമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഇത് ആ പതിനാലാം വാക്യത്തിൽ ഒരു പ്രയോഗമുണ്ട് ആ ദേശത്ത് കഠിനക്ഷാമം ഉണ്ടായി അവനെ മുട്ട് വന്ന് തുടങ്ങി ഒരു പക്ഷേ ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും മുതിർന്നവരോ ചെറുപ്പക്കാരോ ഭയിലൊക്കെ വരുന്നുണ്ട് പക്ഷേ എനിക്ക് ആ സന്തോഷമില്ല വേറെ ഒരു ഫീസ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു പിതാവിനോടുള്ള ഒപ്പമുള്ള ഒരു ഫീസ്റ്റിങ് പിതാവിനോടുള്ള ഒരു ഒരു ആഘോഷം ഇവിടെ വരുമ്പോൾ ഒരു സന്തോഷമില്ല ഇവിടെ വരുമ്പോൾ ഒരു ഉത്സാഹം തോന്നുന്നില്ല ദൈവത്തോടൊരു ബന്ധം ഒരു നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കുക നിങ്ങൾക്ക് ശരിക്കും യേശുവിനോടുള്ളൊരു വ്യക്തിപരമായ ബന്ധത്തിൽ നിങ്ങളുടെ കൃത്യ ജീവിതം നിങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ ഒരു നിങ്ങൾ അങ്ങനെ ആരംഭിച്ച ശേഷം ഇന്ന് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം വഴിക്ക് സ്വന്തം ഇഷ്ടത്തിൻ്റെ സ്വന്തം വഴിക്ക് പോയതാണോ പോയതാണെങ്കിൽ നിങ്ങൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് കർത്താവെ എനിക്ക് വടുത്തു എനിക്ക് അങ്ങയോടൊപ്പമുള്ള ജീവിതം അങ്ങയോടൊപ്പമുള്ള കൂട്ടായ്മ അത് എത്ര മനോഹരമാണ് എന്നാൽ കർത്താവെ എനിക്കിപ്പോ എത്ര എൻ്റെ ഉള്ളത്ത് പുറത്തൊക്കെ എനിക്ക് സന്തോഷമുണ്ടെങ്കിലും എൻ്റെ ഉള്ളു എത്ര ശൂന്യമാണ് എനിക്ക് എനിക്ക് യഥാർത്ഥത്തിൽ അങ്ങയോടൊപ്പമുള്ള ആ ജീവിതം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഈ മുട്ട് വന്ന് തുടങ്ങുന്നിടത്താണ് തുടങ്ങുന്നത് ഒരാഗ്രഹം ഒരു മുട്ട് ഒരു മടുപ്പ് ആ മടുപ്പിലാണ് നിങ്ങൾ തുടങ്ങേണ്ടത് ആ മടുപ്പിൽ മടുപ്പോടെ കർത്താവ് എനിക്ക് വേണം അപ്പോൾ മുട്ട് വന്ന് തുടങ്ങി മുട്ടു വന്ന് തുടങ്ങിയപ്പോൾ അവന് പിന്നെ മുട്ടിനെ തുടർന്ന് പിന്നെ വന്നു അവൻ പയലിലെ പന്നികളെ മേയിക്കുവാനായിട്ട് പോയി അവനൊന്നും ഭക്ഷണം കിട്ടാതിരുന്നപ്പോൾ അതിനെ തുടർന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു പന്നി തിന്നുന്ന പതിനാറാം വാക്യം വാളവരെ കൊണ്ട് വയറ നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു എങ്കിലും അതും അതുപോലും അവന് കിട്ടിയില്ല അപ്പോൾ വന്നപ്പോൾ മുട്ട് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ എന്തുണ്ടായി പതിനേഴാം വാക്യം അപ്പോൾ സുബോധം വന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സുബോധം വന്നു സുബോധം വന്നിട്ട് ഞാൻ എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ എൻ്റെ അപ്പൻ്റെ കൂലിക്കാർ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു ഞാനോ വിശപ്പ് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കിൽ ചെന്ന് അവനോട് അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് അനുതാപത്തോടെ ഞാൻ അപ്പൻ്റെ അടുക്കിലേക്ക് ചെല്ലും എന്ന് അവൻ തീരുമാനിച്ചു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനുതാപത്തിൻ്റെ പ്രയാണം നമ്മുടെ ഉള്ളിൽ ഒരു മുട്ടു വരുന്നു മുട്ട് വരുന്ന ഒരു അത് ഏതെങ്കിലും ഏത് ജീവിതത്തിൻ്റെ അവസ്ഥയിലാണെങ്കിലും ഒരു കുറവ് കർത്താവ് എനിക്ക് ഇത് പോരാ ഇത് ശരിയല്ല കർത്താവ് എനിക്ക് അങ്ങയോടൊപ്പമുള്ള ഒരു മധുരതരമായ കൂട്ടായ്മ എനിക്ക് വേണം ഞാൻ ഇങ്ങനെ പോയാൽ കർത്താവ് എൻ്റെ ജീവിതം എവിടെ എത്തും കർത്താവ് ഒരു ആവശ്യബോധം ആവശ്യബോധം വരുമ്പോൾ പെട്ടെന്ന് സുബോധം വരാൻ തുടങ്ങും സുബോധം വരുമ്പോൾ ഞാൻ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഹ് ഞാനിപ്പോൾ എന്തിലാണ് മുഴുകിയിരിക്കുന്നത് എൻ്റെ ജീവിതം ഇപ്പൊ എങ്ങോട്ട് ഏത് ദിശയിലേക്കാണ് പോകുന്നത് സുബോധം വരും സുബോധം വരുമ്പോൾ അതിനെ തുടർന്ന് ഉള്ളത്തിൽ വീണ്ടും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു എഴുന്നേറ്റ് എനിക്ക് എനിക്ക് അപ്പനോടുള്ള കൂട്ടായ്മ വേണം എനിക്ക് ആ ഭവനത്തിലേക്ക് വേണം അപ്പോൾ സ്നേഹത്തോടെ നമ്മെ കാത്തു നിൽക്കുന്ന നമ്മെ ചുംബിച്ച് നമ്മെ കെട്ടിപ്പിടിച്ച് ദൂരത്തു നിന്ന് അവനെ കണ്ട് അവനെ മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്തിന് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് ഭവനത്തിലേക്ക് ചേർക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ സ്നേഹം ആ സ്നേഹം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആ പിതാവിൻ്റെ സ്നേഹത്തിനിലേക്ക് നിങ്ങൾ മടങ്ങി നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ തുടക്കം അവിടെയാണ് അവിടെ മനസ്സാന്തരത്തോടെ അനുപ ആ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് നമ്മെ സംബന്ധിച്ചോളം വ്യത്യസ്തരായ ആളുകൾ ഇവിടെ തന്നെ നമ്മൾ ചിന്തിക്കുക നമ്മൾ നേരത്തെ ഓതമ്പോണി കുറിച്ച് പറഞ്ഞതുപോലെ എത്ര എത്ര പശ്ചാത്തലത്തിൽ നിന്നുള്ള ആളുകളാണ് വളരെ വിദ്യാഭ്യാസമുള്ള ആളുകൾ അധികം പഠിക്കാത്ത ആളുകൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആളുകൾ പേരിൻ്റെ മുമ്പിൽ ടൈറ്റിലുള്ളവർ പേരിൻ്റെ പുറകിൽ ടൈറ്റിലുള്ളവർ ഒരു ടൈറ്റിലും ഇല്ലാത്തവർ ഓഫീസ് ജോലി ചെയ്യുന്നവർ അല്ലാതെ കൃഷിപ്പണി ചെയ്യുന്നവർ പലതരത്തിലുള്ള ആളുകൾ നമ്മൾ സാധാരണ മറ്റ് സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മറ്റ് ക്ലബുകളിലും ഒരേ ടൈപ്പ് ആളുകളാണ് അവർ തമ്മിൽ അവർക്ക് നല്ല ബന്ധമുണ്ട് എൻ്റെ കൂട്ടത്തിലുള്ള ആളുകളോട് അവരെ പോയി സംസാരിക്കും വീണ്ടും എന്നാൽ ദൈവസഭ എന്ന് പറയുമ്പോൾ നമ്മൾ എഫ് എസ് നമ്മൾ വായിക്കുന്നു വ്യത്യസ്തരായ നമ്മെ ദൈവം ഒരു ശരീരത്തിന്റെ ഭാഗമായിട്ട് നമ്മെ ഒന്നിച്ചു ചേർക്കും അപ്പം നമ്മൾ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് പകരമായിട്ട് എന്നിൽ നിന്നും വ്യത്യസ്തനായ ഈ സഹോദരനെ ഈ സഹോദരിയെ ദൈവം എനിക്കായിട്ട് നൽകി ആ സഹോദരം എനിക്ക് മനസ്സിലാക്കണം ആ സഹോദരനുമായിട്ട് എനിക്ക് കൂട്ടായ്മ വേണം ആ സഹോദരനെ എനിക്ക് പരിചയപ്പെടണം ആ സഹോദരനെയും നമുക്ക് പരിചയപ്പെടാനും നമുക്ക് വിളിക്കാനും നമുക്ക് സന്ദർശിക്കാനും അവരെ മനസ്സിലാക്കാനും നമ്മൾ അങ്ങനെ നമ്മൾ ഒരു ശരീരമായിട്ട് നമ്മൾ ചേരണം അല്ലാതെ ഇവിടെ വന്നു ഓക്കെ ആ എൻ്റെ ഒരു എഡ്യൂക്കേഷണൽ സ്റ്റാറ്റസിലുള്ള ഒരാളുണ്ട് ആ അദ്ദേഹത്തിനോട് രണ്ട് സംസാരിച്ച് വെണ്ടി ഞാൻ പോയി വേറെ ആരെയും എനിക്ക് പരിചയപ്പെടാൻ താല്പര്യമില്ല വേറെ ആരോടും ഒന്നാകാൻ താല്പര്യമില്ല നമ്മളെ എൻ്റെ അടുത്തോട്ടൊന്നും കൂടുതലൊന്നും വരണ്ട നമ്മളിപ്പം സഭയിൽ വരുമ്പോഴും ഇങ്ങനെയൊരു മനോഭാവം നമുക്ക് സൂക്ഷിക്കാം തൊട്ടവാടി എന്ന് പറയും അതായത് എൻ്റെ അടുത്തേക്ക് കൂടുതലൊന്നും വരണ്ട എന്നാൽ നമുക്ക് നമ്മളിൽ നിന്ന് വ്യത്യസ്തനായ സഹോദരന്മാരെ സഹോദരിമാരെ അവരെ കാണാൻ അവരെ പരിചയപ്പെടാൻ അതിലൂടെ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്യുക നമ്മൾ നേരത്തെയും ഇവിടെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഈ റോഡ് സൈഡിൽ ഒരു ലോഡ് കല്ല് കൊണ്ട് ഇറക്കി ഒരു ലോഡ് കല്ല് നമ്മളിവിടെ കൊണ്ടിറക്കിയാൽ ആ കല്ല് അങ്ങനെ ഇവിടെ കിടന്നാൽ കുറച്ചു വഴിക്ക് ഇവിടെ പോകുന്നവർക്ക് വേണമെങ്കിൽ ആർക്കെങ്കിലും വന്ന ഓരോ കല്ല് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം ആ കല്ല് എടുത്തുകൊണ്ട് പോകാം അത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കല്ലുകളാണ് എന്നാൽ ആ കല്ല് ആ കല്ലിൻ്റെ മുകളിൽ അടിച്ച് അത് ഷേപ്പാക്കി അത് ഷേപ്പാക്കിയ ശേഷം ഇപ്പോൾ ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട് ഈ ബിൽഡിങ്ങിലേക്ക് അത് വെച്ചു ഈ ബിൽഡിങ്ങിന്റെ ഭാഗമായി തീർന്നു ആ ബിൽഡിങ്ങിന്റെ ഭാഗമായി തീർന്ന ഇപ്പൊ ഇവിടെ വന്ന് അതിലൂടെ ഒരാൾ റോഡിൽ കൂടെ ഒരാൾ നടക്കുക നടക്കുമ്പോൾ എനിക്കിന്ന് ഇവിടെ ഇത് ഇത് ചുവറികളിൽ മുഴുവൻ കല്ലുകളല്ലേ ഇന്ന് ഈ കല്ലൊന്നും എടുത്തുകൊണ്ട് പോകണമെന്ന് അവർക്ക് പറ്റുന്നില്ല കാര്യം ഇത് ആ കല്ല് ഈ കെട്ടിടത്തിനകത്ത് അതിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു അപ്പോൾ ഇത് ഭാഗമായി തീരാനുണ്ടായ പ്രോസസ്സ് എന്താണ് അത് ഈ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള കല്ലായി കിടക്കാൻ അത് അങ്ങനെ വേണ്ട ആ സ്വാതന്ത്ര്യം ഒറ്റക്കൊട്ടി കിടക്കുമ്പോൾ സ്വാതന്ത്ര്യം അല്ലേ എന്നെ തുടണ്ട ഞാനിങ്ങനെ ഒറ്റയ്ക്കായിട്ട് ഇവിടെ കിടന്നോളാം എന്നെ ആരും ചെയ്യണ്ട ഒറ്റയ്ക്കുള്ള ഗോതമ്പ പോലെ നമ്മൾ അവിടെ കിടക്കുന്നു പക്ഷെ ആ ജീവിതം കൊണ്ട് ഒരു പ്രയോജനമില്ല പക്ഷേ ആ കല്ല് ഈ കെട്ടിടത്തിന്റെ ഭാഗമാകണമെങ്കിൽ എന്നെ അടിച്ചോ എന്നെ അടിക്കാം എന്നെ അടിച്ച് എന്റെ ഉന്തി നിൽക്കുന്ന ആ ഭാഗം അതിനെ ചെത്തിക്കളയാം ഇപ്പുറത്തോട്ടുള്ള ഈ ഭാഗം ചെത്തിക്കളയാം അതിനെ തട്ടാം അതിനെ ഒടയ്ക്കാം നമ്മൾ വില്ലിങ് ആയി കൊടുക്കും നമ്മൾ അതിനുവേണ്ടി വിധേയപ്പെടുന്നു വിധേയപ്പെടുമ്പോ നമ്മളിൽ വ്യക്തിപരമായി നമ്മളൊരു ഷെയ്പ്പുണ്ടാവും അപ്പൊ ചിലരാ അവിടെ അങ് നിർത്തും ആ എനിക്ക് ശരിയാ ഇതൊക്കെ ശരിയാണ് എനിക്ക് കുറച്ച് ഷെയ്പ്പൊക്കെ വേണം എനിക്ക് ഞാൻ ഷേപ്പ് ഷെയ്പ്പായിട്ട് നിങ്ങൾ അവിടെ കിടക്കുകയാണെങ്കിലോ പിന്നെയും നിങ്ങളുടെ നിങ്ങളുടെ ജീവിതം കൊണ്ടൊരു പ്രയോജനമില്ല അത് എന്നെ ഷെയ്പ്പായി അത് മാത്രം പോരാ എന്നിൽ നിന്നും വ്യത്യസ്തരായ മറ്റു പല കല്ലുകളുണ്ടല്ലോ ആ കല്ലുകളോട് ചേർന്ന് എൻ്റെ സ്വാഭാവികമായിട്ട് എനിക്ക് ഇന്നുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ നഷ്ടപ്പെടുത്താൻ തയ്യാറാണ് ഞാൻ ഈ കെട്ടിടത്തിൻ്റെ ഭാഗമായി തീരാൻ തയ്യാറാണ് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ ഭാഗമായി തീരാൻ തയ്യാറാണ് അങ്ങനെ നാം പലരായ നാം ഒരു ശരീരത്തിൻ്റെ ഭാഗമായി തീരും നമ്മൾ ഒന്നായിട്ട് തീരുമ്പോൾ അപ്പോൾ നമുക്ക് വലിയ പ്രൊട്ടക്ഷനാണ് പിശാജ് അതിലൂടെ വന്ന് എടുത്തോണ്ട് പോകാൻ നോക്കുമ്പോൾ നമ്മിൽ അങ്ങനെ എടുത്തുകൊണ്ട് പോകാനൊക്കില്ല കാര്യം നമ്മൾ ഈ ശരീരത്തിൻ്റെ ഭാഗമാണ് ഒരു സഭയുടെ ഭാഗമാണ് ആ സഭയുടെ പ്രൊട്ടക്ഷൻ നാം പങ്കാളികളാണ് നമ്മൾ ദൈവജനത്തിൽ പലയിടത്തും നമ്മൾ വായിക്കുന്നുണ്ട് എഫ് തന്നെ നമ്മൾ വായിച്ചു എഫ് അവിടെ നമ്മൾ ഈ ഈ രീതിയിൽ ഒന്നാകുന്നതിനെ കുറിച്ച് നമ്മളവിടെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എഫ് ഞാൻ രണ്ടാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാം രണ്ടാം അധ്യായം ആകെയാൽ പത്തൊമ്പത് മുതലുള്ള വാക്യങ്ങൾ ആകെയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്ര ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തുലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന് പണിതിരിക്കുന്നു അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ വളരുന്നു അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു അപ്പോ പരിശുദ്ധാത്മാവിനാൽ ഒന്നിച്ചുള്ള ഒരു പണിയെക്കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നു നാം വളരെ ദൂരത്തായിരുന്നു ദൈവ വഴിയിൽ നിന്ന് നാം ദൂരത്തായിരുന്ന വ്യക്തിപരമായി കിടന്ന നാം അപ്പൊ അവിടെ അതിന്റെ തൊട്ട് മുമ്പ് നമ്മൾ വായിക്കുന്നു അവിടെ പതിമൂന്ന് മുതൽ മുമ്പേ ദൂരസ്ഥരായിരുന്നു നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായിരിക്കും നാം അങ്ങനെയാണ് തുടങ്ങുന്നത് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ട് ദൈവമകനാകുന്നു ദൈവ മകളാകുന്നു എന്നാൽ അവിടെ വെച്ച് നമ്മുടെ ക്രിസ്ത്യജീവിതം അവസാനിക്കുന്നില്ല അതിനെ തുടർന്ന് എന്താ പറയുന്നത് അവിടെ വന്ന് അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടകളും കൽ ചട്ട ചട്ടങ്ങളും കൽപ്പനകളുമായ നയപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞു വേർപാടിൻ്റെ നടിച്ചുവർ എങ്ങനെയാണ് ഇടിഞ്ഞുകളഞ്ഞത് ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പൊതുമനുഷ്യനാക്കി സൃഷ്ടിച്ചു എങ്ങനെ ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിക്കുവാനും തന്നെ അപ്പോ നമ്മിൽ നാം ക്രൂശിന്റെ അനുഭവം യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ നാം യേശുവിൻ്റെ മകനായി മകളായി തീർന്നു നാം രക്ഷിക്കപ്പെട്ടു പക്ഷെ അതിനെ തുടർന്ന് വീണ്ടും നാം അന്യോന്യ ബന്ധത്തിൽ ഒരു ക്രൂശിന്റെ അനുഭവത്തിലൂടെ നാം അന്യോന്യം ഒന്നായിത്തീർന്നു എനിക്കും എൻ്റെ സഹോദരനും തമ്മിൽ ഒരു വേർപാടിൻ്റെ ചുവരുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ കൾച്ചർ അദ്ദേഹത്തിൻ്റെ സംസ്കാരം അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും എനിക്ക് അദ്ദേഹവുമായിട്ട് അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല അദ്ദേഹവുമായിട്ട് എനിക്ക് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല ആ രീതിയിൽ എനിക്ക് എപ്പോഴും ഒരു വേർപാടിൻ്റെ ചുവര് പോലെ എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമല്ല എനിക്കിഷ്ടമുള്ളത് ഇന്നാളിനെ മാത്രമേ ഉള്ളൂ പക്ഷേ എനിക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടമല്ലാത്ത ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത് എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി അവരെ എങ്ങനെയാണ് എനിക്ക് അവരോട് എനിക്ക് അടുക്കാൻ കഴിയുന്നത് ക്രൂസിൽ ആ വേർപാടിൻ്റെ നടച്ചുവർ കർത്താവ് നീക്കി നമ്മളും ആ ക്രൂസിൻ്റെ വഴിയിലൂടെ പോയി എൻ്റെ ഇഷ്ടമല്ല കർത്താവ് എനിക്ക് നൽകിയ എൻ്റെ സഹോദരൻ ആ സഹോദരനെ എനിക്ക് പരിചയപ്പെടണം എനിക്ക് വേണം ആ സഹോദരനിലൂടെയാണ് ആ സഹോദരൻ എനിക്കൊരു എനിക്കൊരു സുരക്ഷിതത്വമുള്ളത് ഈ സഭയുടെ ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരുവാൻ ഞാൻ എൻ്റെ സ്വാതന്ത്ര്യത്തെ ഞാൻ വിട്ടുകളയുവാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നായിത്തീരുന്ന ഒരു പ്രക്രിയ ആ പ്രക്രിയയിലൂടെ ദൈവം നമ്മിൽ ഒരു പണി ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സൗരസൗന്മാരെ നമ്മളെല്ലാവരും ആ രീതിയിൽ ആ ഒരു വഴിയിൽ ആ ഒരു പണിയിൽ നമ്മൾ മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമുണ്ട് നമ്മൾ ഒന്നുകൂരിന്തി പതിനൊന്നാം അധ്യായത്തിലും പന്ത്രണ്ടാം അധ്യായത്തിലും ഒക്കെ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പതിനൊന്നാം അധ്യായത്തിൽ പലപ്പോഴും നമ്മൾ അപ്പം നുറുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടുന്ന് പല വാക്യങ്ങൾ നാം വായിക്കാറുണ്ട് അപ്പോൾ അത് വായിക്കുമ്പോൾ അവിടെയും നമ്മൾ അപ്പം നുറുക്കുമ്പോൾ നാം ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് ഉള്ളതിൻ്റെ ഒരു അടയാളമായിട്ടാണ് നാം അപ്പം നുറുക്കുകയും രക്തത്തിൽ പാനം ചെയ്യുകയും ചെയ്യുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപത്തിയേഴ് മുതലുള്ള വാക്യങ്ങൾ ഇരുപത്തേഴ് മുതലല്ല നമ്മൾ പന്ത്രണ്ട് മുതൽ ഉള്ള വാക്യങ്ങൾ നാം വായിച്ചാൽ അവിടെയും ഇതാ നാം വീണ്ടും വായിക്കുന്ന ശരീരം ഒന്ന് അതിന് അവയവം പലതും ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് എല്ലാവരും ഒരേ ആത്മാവിനാൽ പാനം ചെയ്തു ശരീരം ഒരു അവയവമല്ല പലതത്രേ പലരായ നാം നാം എല്ലാവരും ഒന്ന് ചേർന്ന് നാം ഒന്നായിത്തീരുന്നു അപ്പം നമ്മളവിടെ പതിനെട്ടാം വാക്യം ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ എന്നാൽ ഇരുപതാം വാക്യം അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ അതുകൊണ്ട് എനിക്ക് ഒരു സഹോദരന് എനിക്ക് വേണ്ട ഇത് കണ്ണിന് കൈയോട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിന്നെ എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ ഇരുപത്തി ഒന്നാം വാക്യമാണ് ഞാൻ വായിച്ചത് ഇരുപത്തിരണ്ടാം വാക്യം ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നതയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു അതുകൊണ്ട് നാം ഇരുപത്തി അഞ്ചാം വാക്യം ശരീരത്തിൽ ഭിന്നത അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിനധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർക്കുന്നു അപ്പോൾ നമുക്ക് ഒരു അവയവം കഷ്ടം അനുഭവിക്കുമ്പോൾ മറ്റവയവങ്ങൾ കൂടെ കഷ്ടം അനുഭവിക്കുന്നു ഒരു അവയവത്തിന് മാനം വരുമ്പോൾ മറ്റവയവങ്ങൾക്കും മാനം വരുന്നു അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങുന്നത് വ്യക്തിപരമായിട്ട് ഓരോ അവയവങ്ങൾക്കും ദൈവവുമായിട്ട് ബന്ധം അതിനെ തുടർന്ന് ദൈവവുമായിട്ടുള്ള ബന്ധം പോലെ നമുക്ക് അവയവങ്ങൾ തമ്മിൽ അന്യോന്യം ബന്ധം നമ്മൾ നേരത്തെ ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു കെട്ടിടത്തെക്കുറിച്ച് ചിന്തിച്ചു ഒരു കെട്ടിടത്തിൻ്റെ ഉപ ദൈവം എഫ് എസ് ലേഖനത്തിൽ ഒരു കെട്ടിടത്തെക്കുറിച്ച് പറയുന്നു പല കല്ലുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു കല്ലായി ആത്മീകഗൃഹമായി പത്രോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നു ആത്മീകഗൃഹമായി നാം പണിയപ്പെടുന്നു ഇവിടെ ഇതാ ഒരു ശരീരത്തിൻ്റെ ചിത്രം വ്യത്യസ്തരായ അവയവങ്ങൾ കാല് കയ്യ് പലതരത്തിലുള്ള അവയവങ്ങൾ ഈ അവയവങ്ങൾ എന്നാൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ശരീരമായിട്ട് ആ ശരീരത്തിലൂടെ ദൈവമഹത്വം അപ്പം അതിന് ഞാൻ ഒരു കൈ പറയും നിന്നെ കൊണ്ടൊരു പ്രയോജനവുമില്ല വിരലിനെന്ത്യോ അതിനൊരു പ്രയോജനമില്ല ഈ കാലെന്ത് പ്രയോജനം ഞാനല്ലേ എല്ലാം കാണുന്നത് എനിക്ക് മതി എനിക്ക് കണ്ണ് വിചാരിക്കുക ആ ഞാൻ എനിക്ക് എനിക്കെല്ലാം കാണാം എനിക്ക് മതി കാലില്ലാതെ എങ്ങനെ കണ്ണിന് മുമ്പോട്ട് പോകാൻ പറ്റും നമുക്ക് ആ രീതിയിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന സൗരി സഹോദരന്മാരെ നമുക്ക് വിലമതിക്കുകയും കർത്താവേ ഞാൻ തന്നെ ഞാനായാൽ പിശാചിൻ എന്നെ മുതലെടുക്കുവാനായിട്ട് കഴിയും പിശാജൻ എന്നെ എടുത്തുകൊണ്ട് പോകുവാനായിട്ട് കഴിയും എന്നാൽ എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ദൈവം ആ ഒരു പണിയിൽ ഒരു ശരീരമായി പണിയപ്പെടുവാനായിട്ട് ഞാൻ എന്നെ തന്നെ ക്രൂശിൻ്റെ മാർഗത്തിലൂടെ വേർപാടിന്റെ നടുച്ചുരുവിനെ ഇടിച്ചു കളയുവാൻ ഞാൻ തന്നെ തയ്യാറാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള താല്പര്യങ്ങളും ഇഷ്ടങ്ങളും നമുക്ക് വിട്ടുകൊ വിട്ടുകളയാൻ മനസ്സില്ല എന്നാൽ അതിനുവേണ്ടി ഞാൻ തയ്യാറാകുന്നു കർത്താവെ എൻ്റെ സഹോദരനെ എനിക്കറിയണം എൻ്റെ സഹോദരിയെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കണം അവരുമായിട്ട് എനിക്ക് ഒന്നിച്ച് ചേരണം ഒന്നിച്ച് ചേർന്നൊരു സഭയായിട്ട് ഞാൻ പണിയപ്പെടണം എന്ന് നാം ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ആ ഒരു പ്രവൃത്തി നമ്മിൽ ചെയ്യും ദൈവം ആ പ്രവൃത്തി നമ്മൾ ചെയ്ത് നമുക്ക് സഭയായിട്ട് ഇവിടെ നമുക്ക് ഒരു ശരീരമായിട്ട് ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി ദൈവം ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളത്തിൽ നമുക്ക് പ്രകാശനം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കട്ടെ കൂടുതലായി ലഭിച്ച് നമുക്ക് നമുക്ക് കുറച്ചുകൂടെ ഇനീഷ്യേറ്റീവ് എടുക്കാൻ നമ്മുടെ സ്വരീസ്വരന്മാരെ നമുക്ക് പരിചയപ്പെടാൻ നമുക്ക് മനസ്സിലാക്കുവാൻ അവരെ കാണാൻ അവരെ വിസിറ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് കുറച്ചുകൂടെ താല്പര്യം എടുക്കാം താല്പര്യം എടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ സഭയുടെ ഭാഗമായി ശരീരത്തിന്റെ ഭാഗമായി ഒരു വിസിറ്ററല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ചുറ്റിനുമൊക്കെയുള്ള എത്രയോ മീറ്റിങ്ങുകൾ എത്രയോ സ്ഥലങ്ങൾ എത്ര പേര് ആയിരം പേര് വരുന്നു രണ്ടായിരം പേര് മൂവായിരം പേര് അപ്പോൾ അവിടെയൊക്കെയുള്ള ഒരു സാധാരണ രീതി എന്താണെന്ന് ഒരു ഒരു വലിയ പ്രസംഗകൻ വലിയ ആൾ അദ്ദേഹം പ്രസംഗിച്ചു അപ്പൊ ഈ രണ്ടായിരമോ മൂവായിരമോ പേര് അവർ പ്രസംഗം കേട്ടു അവരങ്ങ് പോയി ആരും തമ്മിൽ അതൊരു കോൺഗ്രിഗേഷൻ നമ്മൾ നേരത്തെ ഒരു ക്ലബിനെ കുറിച്ച് പറഞ്ഞു കോൺഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്നു അവർ വന്നു അവർക്ക് തമ്മിൽ അന്യോന്യം ബന്ധമൊന്നുമില്ല ഈ വലിയൊരു സന്ദേശം കേട്ടു ആ കേട്ടു അവർക്ക് എപ്പോൾ എപ്പോഴും ബന്ധമുള്ളത് എനിക്ക് ഞങ്ങൾക്ക് ഈ ദൈവദാസനെ അറിയാം ഏഹ് ഇപ്പൊ നമ്മൾ അവിടെ വലിയ ഉള്ള അങ്ങനെ വലിയ പേരില്ലാത്ത ദൈവദാസന്മാരാണെങ്കിലും നമ്മളവിടേനെ ആ നമുക്ക് എനിക്ക് ജോജിബേർ പറഞ്ഞു ജോജിബേറിൻ്റെ പ്രസംഗം കേട്ടു ഞാൻ പോയി ജോജിബേരുടെ പ്രസംഗം വളരെ നല്ലതായിരുന്നു ഞാൻ പോയി എന്നാൽ അതിനപ്പുറത്ത് ഒരു അതൊരു അതും കോൺഗ്രിഗേഷൻ ആണ് എന്നാൽ എനിക്ക് എൻ്റെ ഈ സഹോദരനിലൂടെ എനിക്കൊരു വളർച്ചയുണ്ട് നമ്മളെ ഫേസിൽ നേരത്തെ വായിച്ചു ഏത് സന്ധിയാലും നമുക്ക് ഏത് സന്ധിയാലും എല്ലാ ജോയിന്റും നമുക്ക് ഈ ശരീരത്തിലെ എല്ലാ ജോയിന്റിനും അതിന് പ്രയോജനമുണ്ട് എല്ലാ ജോയിന്റും എല്ലാ സന്ധ്യയും എല്ലാ അവയവങ്ങൾക്കും അതിലൂടെയാണ് നമുക്ക് ശരീരം ഒന്ന് ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഒരു കോൺഗ്രിഗേഷൻ്റെ ഭാഗമായിട്ട് ആ കോൺട്രിഗേഷൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവിടെ വളരെ ആൾക്കാർക്ക് വളരെ കംഫർട്ടബിളാണ് വരുന്നു വന്നു കഴിഞ്ഞു എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു പോലും അവരങ്ങ് പോകുന്നു പിന്നെ എന്നെ ആരും അറിയണ്ട ഞാൻ എങ്ങനെയാണെങ്കിലും എന്നിലേക്ക് എൻ്റെ കാര്യത്തിൽ ഒന്നും കൂടുതലാരും ഇടപെടണ്ട വന്നു പോയി കേട്ടു ഞാൻ ദൈവത്തെ ഉപയോഗിച്ചു ദൈവത്തിൻ്റെ എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി ഞാൻ പോയി എന്നാൽ അതിനപ്പുറത്ത് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തെ വിട്ടുകളഞ്ഞ് യാനായിട്ട് തയ്യാറായി ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ ചാകുന്നത് പോലെ ഒരു കല്ല് അതിനെ ഷേപ്പ് ചെയ്യാനായിട്ട് അനുവദിക്കുന്നത് പോലെ നാം നമ്മെ തന്നെ അനുവദിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് കഴിയും നമുക്കൊരു ശരീരമായി യുക്തമായി നമ്മൾ ഒന്നിച്ച് ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തെ മയമപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കും വരുന്ന ദിവസങ്ങളിൽ കൂടുതലായി ഒരു ക്ലബിനപ്പുറത്ത് ഒരു കോൺഗ്രഗേഷനപ്പുറത്ത് ഒരു സഭയായി ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം ലോകസ്ഥാപനം മുമ്പേ മറിഞ്ഞുകിടന്നൊരു മർമ്മമാണ് മർമ്മം എന്നാണ് സഭയെക്കുറിച്ച് പറയും രീതിയിൽ സഭ സഭയായിട്ട് കർത്താവ് ഇന്ന് വരുന്നത് വ്യക്തിപരമായി വ്യക്തികളെ കൂട്ടുന്നതിനപ്പുറത്ത് കർത്താവ് വരുന്നത് സഭയെ തന്റെ സഭയെ ചെറുക്കുവാനായിട്ടാണ് തൻ്റെ ഹൃദയത്തിലെ കർത്താവിന്റെ ഹൃദയത്തിലെ അനാദി നിർണയം മുതൽ കർത്താവിന്റെ ഹൃദയത്തിൽ താല്പര്യം എൻ്റെ മണവാട്ടി സഭ സഭയായി നാം എല്ലാവരും ഒന്നായി ചേർന്നിട്ടുള്ള ആ സഭയെ കൂട്ടുവാനായിട്ടാണ് കർത്താവ് വരുന്നത് നമുക്കൊരു പ്രാദേശിക സഭയിൽ നാം ആയിരിക്കുന്ന സൗര രീതിയിൽ നമുക്ക് ഒന്നിച്ച് കർത്താവിന്റെ പണിയിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെത്തും